ശ്ലോകം ഏസ്ത്രു ദൂഢതാ ഭതാമിഹ വത്തി അക്ൃത്രിമാജ്ഞാന കർപ്പൈ വിരപിനി അന്യഥ ഈ ശാസ്ത്രത്തെ ആശ്രയിക്കാതിരുന്നു കഴിഞ്ഞാൽ നേരത്തെ പതിനൊന്ന് ഈ ശാസ്ത്രത്തിൻ്റെ വിചാരം ചെയ്യാതിരുന്ന അതാണ് അന്യഥ മറ്റ് ശാസ്ത്ര വിചാരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ശാസ്ത്രഗർത്തേഷ് ലുഢതാം ശാസ്ത്രഗഹ്വരങ്ങൾ ശാസ്ത്രത്തിൻ്റെ പടുവുഴികളിൽ ലുഢതാം കറങ്ങി കിടക്കുന്നത് ഇതിനെക്കുറിച്ച് ഇനി വരുന്ന ഭാഗത്ത് വിശദീകരിക്കാം ഭവതാം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഹ അകൃത്രിമാജ്ഞാനാംതാം അകൃത്രിമാജ്ഞാം എന്നുവെച്ചാൽ അനാദ്യ ജ്ഞാനം കൃത്രിമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശ്രദ്ധി പഠിച്ചവർക്കറിയാം നിത്യം കരണയണ നിർവൃത്തം പ്രവൃത്തിയിലൂടെ സമ്പാദിക്കുന്നവർ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് കൃത്രിമം എന്ന് പറയുന്നത് സാറിന് മലയാളത്തിൽ പറയുന്ന കൃത്രിമോ എന്നുള്ള ഞാൻ എൻ്റെ അടുത്ത് എന്തോ കള്ളത്തിൽ അതല്ല ആ അങ്ങനെയല്ല എന്താണോ നമ്മൾ പ്രവർത്തിച്ച് നേടുന്നത് പുസ്തകം കൃത്രിമം എന്തുകൊണ്ട് പ്രവർത്തിച്ചുണ്ടാക്കിയാണ് അതാണ് കൃത്രിമം പുത്രിമം പത്രി ഇതൊക്കെ ഇതിൽ വന്നാണല്ലോ സിദ്ധാന്തവും വന്നാണ് കൃത്രിമം ഒന്നും ഓർമ്മയില്ല ഇത് പ്രവർത്തിച്ചുകൊണ്ടായതല്ല അനാദിയായി സിദ്ധമായതാണ് അജ്ഞ അങ്ങനെയുള്ള അകർത്രിമ അജ്ഞാനം കൽപ്പൈരവിന നിർവൃത്തി എന്നല്ല അനേക കൽപ്പങ്ങൾ ചെന്നാലും അവർക്ക് നിർവ്വാണം നിർവൃതി സംഭവിക്കത്തില്ല ഈ ശാസ്ത്രം വിട്ട് കഴിഞ്ഞ ഏത് വാസം അതിന് ശാസ്ത്രകർത്വം എന്ന് പറയുന്നത് ഇനി വരുന്ന ഭാഗത്ത് വിശദീകരിക്കാം അശേഷേണ പരിത്യാഗോവാസനാനാം യൗക്തമ മോക്ഷ ബ്രഹ്മൻ സൈവ വിമലക്രമ അശേഷേണ പരിത്യാഗോവാസനാനാം ഇപ്പോൾ വാസനകളെ നിശേഷം പരിധരിക്കുക ഉത്തമ മോക്ഷം അതിനാണ് എന്ത് പറയുന്നത് ഉത്തമമായ മോക്ഷം ബ്രഹ്മൻ പാർമ്മീ അഭിസംബോധന ചെയ്ത് പറയുകയാണ് സയൈവ വിമലക്രമ അതാണ് ശുദ്ധമായ മാർഗം ക്രമം വെച്ച മാർഗം എന്തിൻ്റെ മാർഗം മോക്ഷത്തിൻ്റെ എന്താണ് മോക്ഷത്തിൻ്റെ ശുദ്ധമായ മാർഗം വാസനകളെ മുഴുവൻ കളയും അശേഷം കളയുക വിശേഷ പരിത്യാഗം പരിത്യാഗം വെച്ചാൽ പൂർണ്ണമായും കളയണം അതെല്ലാം ഞാൻ ഇനി ഭാഗത്ത് ശരിയായിരുന്നു ഇതിൻ്റെ വാസനയുടെ യും പറഞ്ഞതിന് ശേഷം ഞാൻ വിശദീകരിക്കും ക്ഷീണായം വാസനായം തുലതി സത്വരം ക്ഷീണായാം സീത സന്തത്യാം ബ്രഹ്മൻ ഹിമഗണോ യഥ ക്ഷീണായാം വാസനായാം തുശൻ ഈ വാസന എന്ന് പറയുന്നത് ക്ഷയിച്ചു കഴിഞ്ഞാൽ ചേതോ ഗലതി സത്വരം ഉടൻ തന്നെ എന്ത് സംഭവിക്കുന്നു ചേതസ് മനസ്സ് ചേതസ്സും മനസ്സും ഒന്ന് ഗലതി ചേതനാ ചിത്തം എന്ന് പറയും മനനാത്മനാമറി രണ്ടും ഒന്ന് ഒന്ന് മനനം ചെയ്യുന്നുണ്ട് എന്ന് പറയും മനസ്സും ചേതനം ചൈതന്യവത്തായിരിക്കുന്നുണ്ട് അതിനാൽ ചിത്തം എന്ന് പറയും അത് ഗലതിസത്വരം പെട്ടെന്ന് ഇല്ല വിലയിച്ചു പോകുന്നു മനസ്സ് പിന്നെ അവിടെ കാണത്തില്ല വാസന പോയാൽ പിന്നെ മനസ്സിൽ ക്ഷീണായാം ശീതസന്തത്യാം ബ്രഹ്മൻ ഹിമകണു യഥ ബ്രഹ്മൻ സംബോധന ക്ഷീണായാം ശീതസന്തതി മഞ്ഞ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു തുടർച്ചയായി മഞ്ഞ് ഉണ്ടായിരിക്കുക അത് നമുക്ക് ഇവിടെ അനുഭവിക്കാൻ പറ്റത്തില്ല അവിടെ കന്നിപ്പോ മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ ശീതസന്തതി എന്ന് വെച്ചാൽ ശീതപ്രവാഹം തുടർച്ചയായിട്ട് ഇങ്ങനെ മഞ്ഞ മഞ്ഞായിരിക്കും അത് ക്ഷീണായാം ആ ശീതസന്തതി മഞ്ഞുകാലം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഹിമഗണോയക്ക ഹിമഗണങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇതുവരെ അവിടെ ഇവിടെയൊക്കെ ഹിമഗണങ്ങളായിരിക്കും അതെല്ലാം ഉരുകി ഉരുകിപ്പോ ഹിമഗണങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റിയില്ല വടക്കേണ്ടി പോയാലേ പറ്റും ഇവിടെ വല്ലപ്പോഴും ആലിപ്പഴം വിഴാറു അത് തന്നെയാണ് ഹിമഗണം ആ ശീത ശീതക്കാലവും പറയും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ച് മഞ്ഞ് വിരികി വിരികി വിരികി വരും അതിന് തന്നെ പല സ്റ്റേജുകളും മഞ്ഞുള്ള സ്ഥലത്ത് താമസിച്ചവർക്കറിയാം അതുപോലെ തന്നെ എന്ത് പറയുന്നത് ഈ വാസന ഇങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ചിറങ്ങും മനസ്സും വിരുകി വിരുകി ഇല്ലാതാവും വാസന വളരെ പ്രധാനപ്പെട്ടാണ് അയം വാസനയാഹോധ്രിയതേ ഭൂതപഞ്ചരഹ തനുണ അന്തർനിമിഷ്ഠേന മുക്തൌഖത്തന്തുനായഥ ഈ ശരീരം ഇതിനെയാണ് പറയുന്നത് ഭൂതപഞ്ചരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂടാണ് ഈ ശരീരം ജീവാത്മാവിന് വസിക്കാനുള്ള ഒരു കൂട് അതാണ് ഭൂതപഞ്ചരം ഇതിനെ നിലനിർത്തുന്ന എന്താണ് വാസനയാ ദേഹോ ധ്രിയതേ ദേഹമാണ് ഭൂതപഞ്ചരം അതിനെ നിലനിർത്തുന്ന തന്നെ വാസനയാണ് എങ്ങനെ തനുന അന്തരനുഷ്ഠേന മുക്തൌഖ തന്തുന യഥ വാസന എന്ന് പറയുന്നത് സൂക്ഷ്മവാസന തനുവായ സൂക്ഷ്മമായിരിക്കുന്ന വാസന ഉള്ളിൽ ഉണ്ട് മനസ്സിനുണ്ട് ആ വാസന അതുകൊണ്ട് ശരീരം നിലനിർത്തുന്ന ഏതുപോലെ മുക്തൌഖ തന്തുന യഥ എങ്ങനെയാണോ ഒരു നൂല് മുത്തുമണികളെ മാലയായി നിലനിർത്തുന്നത് അതുപോലെ മുത്തോഖം മുത്തുമണികളുടെ കൂട്ടം എന്നുവെച്ചാൽ മാലയിലെ മുത്തുമണികളും നിർത്തും മാലയായി നിലനിർത്തുന്ന എന്താണ് തന്തുവാണ് അതുപോലെയാണ് അതിസൂക്ഷ്മമായിരിക്കുന്ന തനുവായിരിക്കുന്ന ഉള്ളിൽ അന്തർനിവിഷ്ഠേന ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ വാസന ഭൂതപഞ്ചരമാകുന്ന ഈ ശരീരത്തെ നിലനിർത്തുന്നു വാസന ദ്വിധാ പ്രോക്ത ശുദ്ധ ച വാസന എന്ന് പറയുന്നത് തരത്തിലുണ്ട് ശുദ്ധവാസനയും മലിനവാസനിയും മലിന ജന്മനോ ഹേതു ശുദ്ധ ജന്മവിനാശിനി മലിനവാസനയാണ് ജന്മഹേതുവായിരിക്കുന്നത് ശുദ്ധവാസനയാണെങ്കിലോ ജന്മവിനാശിനിയാണ് ശുദ്ധവാസന ജീവൻ മുക്തന്മാരിലിരിക്കുന്ന വാസനയാണെന്ന് ശുദ്ധവാസന അതാണ് ജന്മത്തെ നശിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ആ ശരീരം അവസാനിക്കുന്നതോടുകൂടി അവരുടെ ജന്മം അവസാനിച്ചു പിന്നെ അത് ശരീരത്തിന് കാരണമായി തീരുന്നുണ്ട് അജ്ഞാന സുഖനാകാര ഘന അഹങ്കാരശാലിനി പിന്നർ ജന്മകരി പ്രോക്ത മലിനാസന ബുധൈഹി മലിനവാസന എന്താണ് ശുദ്ധവാസന ജീവൻ മുക്തന്മാരിലാണ് അത് ജന്മത്തെ അവസാനിപ്പിക്കുന്നു മലിനവാസനാണെങ്കിലോ അജ്ഞാന സുഖനാഹാര സുഖനം കട്ടിപിടിച്ചാണ് അത് അജ്ഞാന രൂപത്തിലുള്ളതാണ് കട്ടിപ്പിടിച്ചതാണ് ഘന അഹങ്കാരശാലിനി അത് കട്ടിപ്പിടിച്ച അഹങ്കാര രൂപത്തിലുള്ളതാണ് അഹങ്കാര സ്വഭാവത്തോടുകൂടിയാണ്സന അജ്ഞാന രൂപത്തിലുള്ള ആൾ കട്ടിപ്പിടിച്ച അജ്ഞാനം എന്ന് പറയാം കട്ടിപ്പിടിച്ച അഹങ്കാരമാണ് അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയണം പുനർജന്മകരി പ്രോക്ത വീണ്ടും ജന്മത്തെ പുനർജന്മകരി പുനർജന്മത്തെ ഉണ്ടാക്കുന്ന മലിനാസന അതാണ് മലിനവാസന ബുധ ഹി വിദ്വാൻമാരുടെ അഭിപ്രായം അപ്പോ വാസനയെക്കുറിച്ച് എത്ര വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പുനർജന്മാങ്കുരം തെക്ക് ആസ്ഥിത സംഭൃഷ്ടീജവ ദേഹാർത്ഥം ധ്രിയതേ ജ്ഞാതേയ ശുദ്ധേ ശുദ്ധ വാസന എന്താണോ പുനർജന്മാങ്കങ്കുരം തെക്വാ പുനർജന്മത്തിൻ്റെ അങ്കുരം ആ എന്താണോ അതിൻ്റെ മുള അതിനെ ഉപേക്ഷിച്ചിട്ട് ആസ്ഥിതാ സംഭൃഷ്ടീജവത് വർത്തവിത്ത് പോലിരിക്കുന്നു എന്ത് ശുദ്ധവാസന ദേഹാർത്ഥം ധ്രിയതേ ഒരു പാഠഭേദമുണ്ട് അതിന് കാര്യമില്ല ഇങ്ങനെ എന്നെ പോകുന്നതല്ല ദേഹധാരണത്തിനു വേണ്ടി നിലനിൽക്കുന്നതാണ് അത് അത് ദേഹാർത്ഥ വേണ്ടി ദേഹത്തെ നിലനിർത്തുന്നതാണ് ജ്ഞാതജ്ഞേയ അത് ജ്ഞാനവാസനയാണ് അത് ജ്ഞാതമായതിന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് ജ്ഞാതമായത് ബ്രഹ്മതത്വം അതിന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജ്ഞാതസ്ജ്ഞേയ അതാണ് അതാണ് ശുദ്ധേരി ചോദിച്ചത് അതിന് ശുദ്ധ എന്ന് പറയുന്നു ആ പുനർജന്മകരണി ജീവൻ മുക്തേഷുദ്ധേഷുവാസനാ വിദ്യതേ ശുദ്ധ ദേഹേ ചക്ര ഇവ ഭ്രമ അശുദ്ധവാസനെ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ പുനർജന്മകരണി പുനർജന്മത്തെ അതുണ്ടാക്കുന്നുണ്ട് ജീവൻ മുക്തേ ശുദ്ധേഷു ജീവൻ മുക്തന്മാരിൽ അത് സ്ഥിതി ചെയ്യുന്നു ശുദ്ധവാസന വിദ്യേ ദേഹേ അദ്ദേഹത്തിൻ്റെ അശുദ്ധവാസന ഉണ്ട് അങ്ങനെ ചക്രഭ്രമ ഇവ ചക്രഭ്രമം പോലെ അതായത് കറങ്ങുന്ന ചക്രത്തെ കറക്കിക്കൊണ്ടിരിക്കുന്നയാള് കറക്കുക എന്ന് പറയുന്ന പ്രവൃത്തി നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചക്രം കറങ്ങുന്നത് എന്തുകൊണ്ടാണോ അതിനാണ് വാസന എന്ന് പറയും വീണ്ടും ചക്രം തുറന്ന് കറയുകൊണ്ടേ ഇരിക്കുമല്ലോ ആ ചക്രഭ്രമണത്തിനെന്താണോ കാരണമായിരിക്കുന്നത് അതുപോലെ ജീവൻ മുക്തൻ്റെ ഈ ശരീരത്തെ നിലനിർത്തുന്നത് അങ്ങനെ നിലനിർത്തി പോകുന്നതാണ് വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ശരീരം നിലനിർത്തുന്നു ജീവൻ മുക്തേഷു ദേവിഷു ജീവൻ മുക്തന്മാരായ ദഹികളിൽ ദേഹത്തെ ധരിച്ചിരിക്കുന്നവരിൽ അതായത് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു ആ ശരീരത്തെ സ്ഥിതി ആ ശരീരം ഒഴിത്തോളം കാലം അവിടെ സ്ഥിതി ചെയ്യുന്നു ശരിക്കും ശരീരത്തിലല്ല സ്ഥിതി ചെയ്യുന്നതും അത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്രത്തെ കറക്കിവിടുന്ന ആ ശക്തി എന്ന് പറയുന്നത് എന്താണോ അത് ചക്രത്തിലായിരിക്കുന്നു അതുപോലെ നമ്മുടെ എല്ലാ ജീവൻ മുക്തന്റെ പ്രവൃത്തികളാണ് ശരീരത്തിലാണ് അപ്പോൾ ആ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ഇന്ദ്രിയ പ്രവൃത്തികളും മറ്റെല്ലാ പ്രവൃത്തികളും കാരണമായിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ദേഹയെ ആ ദേഹത്തിൽ കാണപ്പെടുന്നത് മറ്റുള്ളവരു അനുഭവിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ദേഹം എന്ന് പറയുന്നത് അല്ലാതെ വാസന ശരിക്കും ദേഹത്തിൽ ഇരിക്കത്തില്ല ചക്രത്തിലിരിക്കും അത് ഫോഴ്സായതുകൊണ്ടാണ് ഹി എന്ന് പറയുമ്പോൾ ജീവൻ എന്നുള്ള അർത്ഥം ജീവൻ എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരും സൂക്ഷ്മ ശരീരം പ്രാണന്മാര് അന്തക്കരണം എല്ലാം കൂടി ചേർന്നതാണ് ദേഹി ജീവചൈതന്യം വാസന വിദ്യതേ ശുദ്ധ ദേഹേ എന്നാണ് നമ്മൾ സാധാരണ പറയുമല്ലോ ജീവൻ മുക്തന്റെ ശരീരം ആ രീതിയിൽ ലൗകികമായ ദൃഷി പറയുക മറ്റേതാ തത്വത്തെ പറയുന്നു ദേഹി എന്ന് പറയും ഇത് നമ്മൾ കാണുന്ന രീതിയാണ് ജീവൻ മുക്തനും ഇരിക്കുന്നു കിടക്കുന്നു നടക്കുന്നു അപ്പൊ നമ്മൾ ചക്രത്തിൽ ഭ്രമം കാണുന്നത് പോലെ പ്രവൃത്തികളല്ല ഇവിടെ കാണുന്നത് ശരീരത്തിൽ അതുകൊണ്ടങ്ങനെ പറഞ്ഞാണ് ഏ ശുദ്ധവാസന ഭൂയോ ന ജന്മ അനർത്ഥഭാചനം ജ്ഞാതേയാസ്തേ ഉച്ച ജീവൻമുക്ത മഹാധിയ ശുദ്ധവാസന എന്ന് പറയുന്നത് എന്താണ് ന ജന്മ അനർത്ഥവാചനം ജന്മമാകുന്ന അനർത്ഥത്തെ ഭജിക്കുന്ന ആശ്രയിക്കുന്നതാണ് അശുദ്ധവാസന അത് അവസാനിപ്പിക്കുന്നതാണ് ജ്ഞാത ജ്ഞേയാസ്തേ ഉച്ച അത് അറിഞ്ഞതിന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ശരീരത്തിലിരുന്ന് അത് അങ്ങനെയുള്ള അറിവിന് സഹായിക്കുന്നതാണ് വാസന ഉള്ളതുകൊണ്ടാണ് ഈ ശരീരത്തിരുന്ന് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവൻമുക്ത മഹാധേഹ എന്നാണ് മഹാധ്യ മഹാജ്ഞാനികളായ ജീവൻ മുക്തന്മാരുടെ ഇവിടെ പറഞ്ഞ എന്താണ് ആദ്യം പറഞ്ഞ എന്താണ് വാസന അതിനെ പരിത്യജിക്കാതെ കൽപ്പങ്ങൾ വിചാരിച്ചാലും ജീവൻ മുക്തി സാധിക്കത്തില്ല നിർവൃത്തി ജീവൻ മുക്തി എന്നല്ല പറയുന്നത് നിർവൃത്തി എന്നാണ് ഇത് എന്താണ് ചെറിയൊരു ഡോസാണ് ഇനി അങ്ങോട്ട് മൊത്തം വാച്ചിട്ടത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിലാവും വാസന വാസന വാസന കേട്ടുമടുക്കുന്നു വാസന ഇവിടെ ഒരു വലിയ വിഷയമാണ് വാസന ഇങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പറയുന്നത് ഒരു ആത്മീയ സാധകൻ ഇവിടുത്തെ രീതി അനുസരിച്ച് ഞാൻ പറയുക വാശിഷ്ടത്തിൻ്റെ രീതി അനുസരിച്ച് ഭാഷയത്തിൻ്റെ രീതി അനുസരിച്ചല്ല അത് ഇതുമായിട്ട് നിങ്ങൾ കൂട്ടിക്കൊഴയ്ക്കരുത് വ്യത്യാസം ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഒരാൾ ശരിയായ ഉപാസന ചെയ്ത് ശരിയാ ഉപാസന എന്ന് വെച്ചാൽ ഉപാസനയുടെ ഫലം എന്തോ അതിൻ്റെ സാക്ഷാത്കാരം പലതരത്തിലുള്ള ഉപാസന ഉണ്ടല്ലോ സ്മാർത്ത ഉപാസനകളുണ്ട് സ്മൃതികളിൽ പറയുന്നു ശിവനെയും വിഷ്ണുവിനെയും ഉപാസിക്കുന്ന ഉപാസനകളും അല്ല വൈദിക ഉപാസനകൾ ഏതായാലും ആ ഉപാസനയുടെ ആ ഉപാസനയും വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാക്ഷാത്കാരം വരെ ഉപാസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അന്ധകരണ ശുദ്ധി ഉണ്ടാവും അപ്പോ അങ്ങനെ അന്ധകരണ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ മനവും നാശവും വാസനാക്ഷയവും തത്വജ്ഞാനത്തോടൊപ്പം തന്നെ സംഭവിച്ചിരിക്കും മനസ്സ് നശിക്കും വാസനയും ചെയ്യിക്കും എന്നാണ് അല്ല ഇനി അങ്ങനെ ഒരു ഉപാസനയിൽ പെട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഉപാസകന്മാരെ കുറിച്ച് പറയുന്നത് അത് പുരാണങ്ങളിൽ ശാസ്ത്രങ്ങളിലാണ് പറയുന്നത് ശാസ്ത്രങ്ങൾ ഇങ്ങനെയുള്ള ഉപാസനകളിലൂടെ മുക്തിയെ നേടുകവരെ കുറിച്ച് പറയുന്നുണ്ട് സുഖബ്രഹ്മർഷി സനകാദികളുമൊക്കെ അങ്ങനെയുള്ളവരാണ് അല്ലാതെ നമുക്ക് ലോകത്തിൽ അങ്ങനെയുള്ള കാര്യം പരിചയപ്പെടാൻ പറ്റില്ല അല്ലാതെ ഈ ലോകത്തിലുള്ള നമ്മളെപ്പോലെയൊന്നും പറയാൻ പറ്റില്ല നമ്മളെയൊക്കെ വേണം കൂടിയ ആൾക്കാർ എന്ന് പറയും ആൾക്കാർ തത്വജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിച്ച് തത്വജ്ഞാനം സമ്പാദിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശ്രവണമനനം വിചാരത്തിലൂടെ തത്വജ്ഞാനത്തെ സമ്പാദിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം ഈ പറയുന്ന ഇവിടെ പറഞ്ഞല്ലോ വാസന നശിക്കാതെ നിർവൃത്തിയില്ല അതുകൊണ്ട് ഇത് രണ്ടും ചേർന്നിരിക്കുന്ന കാര്യമാണ് അതിന് വരുന്ന ഭാഗത്ത് പറയും മനോനാശത്തിനും വാസനാക്ഷയത്തിനും വേണ്ടി പരിശ്രമിക്കണം എന്നാലേ അവർക്ക് ജീവൻ മുക്തി സാധ്യമാകും തത്വ്ഞാനം മാത്രം പോരാ തത്വജ്ഞാനം എങ്ങനെയായിരിക്കണം സതുദീർഘകാല നൈരന്തര്യം സത്കാര ആശയവിത്വം ദൃഢഭൂമം തത്വജ്ഞാനം ദൃഢമാവണമെങ്കിൽ തത്വജ്ഞാനം മനോനാശം വാസനാക്ഷയം മൂന്നും ഒരുമിച്ച് അഭ്യസിക്കണമെന്നാണ് അപ്പോ ഇത് പരസ്പരം ഇപ്പോൾ വാസന ദൃഢമായിരിക്കുകയാണെങ്കിൽ മനസ്സ് നശിക്കത്തില്ല മനസ്സ് ദൃഢമായിരുന്നാൽ അത് വാസന നശിക്കത്തില്ല മനസ്സും വാസനയും ദൃഢമായിരുന്ന തത്വജ്ഞാനത്തിന് തടസ്സമാണ് ഇങ്ങനെ പരസ്പരം കുരുങ്ങി കിടക്കുകയാണ് ഈ കുരു കഴിക്കണമെങ്കിൽ എന്ത് വേണം ഇത് മൂന്നിന് ഒരുപോലെ പരിശ്രമിക്കണമെന്നാണ് ആര് കൃത ഉപാസ്തിയല്ലാത്തവൻ കൃത ഉപാസി എന്നിട്ടാ ഉപാസനയൊന്നും ചെയ്യാത്ത ഇന്നാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യൻ എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഈ വാസനാ നാശം കൂടാതെ കാര്യവും നടക്കുന്നുണ്ട് അപ്പോൾ വാസന എന്ന് പറഞ്ഞാൽ എന്താണ് വാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരപൂർവമല്ലാതെ വിചാരം കൂടാതെ ുള്ള നമ്മുടെ പ്രതികരണത്തിന് ഞാൻ കുറച്ചുകൂടി ലളിതമാക്കി ലളിതമാക്കി പറയാണ് വിചാരം കൂടാതെ വരുന്ന നമ്മുടെ പ്രതികരണത്തിന് കാരണമായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന സംസ്കാരം അതാണ് വാസന നിങ്ങളെന്നെ ചെയ്ത് വിളിച്ചാൽ ഞാനും തിരിച്ച് പത്ത് അങ്ങോട്ട് വിളിഞ്ഞു എന്തുകൊണ്ട് എൻ്റെ വാസന ഇതാണ് വാസന എന്ന് പറയും ഇതെല്ലാം മനുഷ്യരിലുമുണ്ട് വിചാരം കൂടാതെ നമ്മൾ പ്രതികരിക്കും ഇത് എങ്ങനെ നമ്മുടെ എല്ലാത്തിലും വരും ഇപ്പോ പൂർവര വിചാരം കൂടാതെ നമ്മൾ പ്രവർത്തിക്കുന്നു പെട്ടെന്ന് അല്ലേ വാസന കൊണ്ടാണ് വേണമെങ്കിൽ നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത് വാസന കൊണ്ടാണ് ശരീരത്തിൽ നടക്കുന്നു അത് പറയാം അല്ലാതെയുള്ള നമ്മുടെ പ്രവർത്തിക്കണം നമ്മളെന്തില്ലെങ്കിലും ചാടി വീഴും വിചാരം കൂടാതെ ശരിയായ വിചാരം കൂടെ ആവശ്യമുള്ളതാണോ ഇല്ലാതാണോ എന്ന് ചിന്തിക്കാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചാടി വീഴാറുണ്ട് അബദ്ധമാകാറുണ്ട് വാസന കൊണ്ടാണെന്നാണ് പറയുന്നത് ഇവിടെ അത് വിചാരി പിന്നെ വിചാ നമ്മളുടെ ഉള്ളിൽ നിന്ന് കാമം ക്രോധം ഇങ്ങനെയുള്ള നമുക്ക് ചിലപ്പോൾ താല്പര്യമുള്ളതും ചിലപ്പോ താല്പര്യമില്ലാത്തതുമായ വികാരങ്ങൾ പ്രകടമാകുന്നു ചിന്തിച്ചിട്ടൊന്നുമല്ല അകസ്മാ സഹസ എന്നൊക്കെ പറയും പ്രത്യേകിച്ച് ഒരു കാരണം കൂടാതെ അത് വാസന കൊണ്ടാണ് ഇനി ചിലപ്പോൾ ഇതൊന്നുമല്ല നമ്മളിന്നെ പരാതി കുറയും ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ കടന്നു ആവശ്യമില്ലാത്ത ചിന്തകൾ അതും വാസന ഉണ്ടാണ് ഇതെല്ലാ മനുഷ്യരിലും ഉണ്ടെന്നാണ് ഇത് ഒരു ദോഷമാണെങ്കിലും അതെല്ലാ മനുഷ്യരിലും ഉണ്ടെന്നാണ് പറയും എല്ലാ മനുഷ്യർ തത്വജ്ഞാനിയായാലും ഉണ്ടെന്നാണ് പറയുന്നത് അത് തത്വജ്ഞാനിയായതൊന്നും കാണില്ല അങ്ങനെയല്ല ഇവിടെ പറയുന്നത് തത്വജ്ഞാനിയായാലും ഉണ്ടത് അഹം ബ്രഹ്മാസ്മി എന്ന് നിങ്ങൾ അറിഞ്ഞാലും എന്തുണ്ട് ഇതെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ആലോചിച്ചേ അത് പറയേണ്ടിയിരുന്നില്ല തോന്നാറില്ലേ അപ്പം എന്തുകൊണ്ട് പറഞ്ഞു പോയി വാസന അപ്പോൾ വാസനയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രവൃത്തി ആദ്യം ചിന്ത ആദ്യം വികാരങ്ങൾ പിന്നീട് ചിലപ്പോൾ വിചാരം വന്നു വരാം വന്നില്ലെന്നും വരാം അതാണ് വ്യത്യാസം നമ്മൾ വിചാരപൂർവമായിട്ടാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് വാസന എന്ന് പറയത്തിൽ വാസനയുടെ നിർവചനം അതാണ് ഉണ്ടെങ്കിൽ പിന്നെ വിചാരവും വാസനയും തമ്മിൽ വ്യത്യാസമുണ്ടാവും വാസനയും നിർവചിച്ചിരിക്കുന്ന അങ്ങനെ അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നിർവചനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അല്ല അത് വേറെ വിചാരോ എന്ന് പറയുന്ന നല്ല കുട്ടികളുടെ സ്വഭാവം വാസന എന്ന് പറയുന്നത് തനിക്കതിന് യാതൊരു നിയന്ത്രണമില്ല പൂർവ പൂർവ അനേക ജന്മങ്ങളിൽ നിന്ന് ആർജിച്ചു വെച്ചിരിക്കുന്ന വാസന അല്ല അത് ഞാൻ പറഞ്ഞു വരേണ്ട വാസനയുടെ നിർവചനം പറഞ്ഞതേയുള്ളൂ ബാക്കി അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇത് എന്തായാലും നമ്മുടെ അനുഭവത്തിലുള്ള സംഗതികളാണ് ഇതൊക്കെ അതിൻ്റെ കാരണം വാസനയാണെന്ന് പറയുന്നു ആ വാസന എന്ന് പറയുന്നത് അനേക ജന്മങ്ങളിൽ നിന്ന് നമ്മൾ സഞ്ചയിച്ചത് നമ്മുടെ മനസ്സിലിരിക്കുന്നതാണ് മനസ്സിലാണ് അതിൻ്റെ ആവാസസ്ഥാനം അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇനി അതിനെക്കുറിച്ച് വിശദമായി പറയണമെങ്കിൽ ഇവിടെ തന്നെ പറയുന്നതനുസരിച്ച് മാനസവാസന അല്ലെങ്കിൽ വിഷയവാസന രണ്ടായി പിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള രീതിയിൽ അതിവിടെ പറയും എന്താണ് ദേഹവാസന ശാസ്ത്രവാസന ലോകവാസന അങ്ങനെ പറയും ഇത് സാധാരണ എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് അതിന് ലോകവാസന എന്ന് പറയുന്ന ഇതാണ് അത് ഇവിടെ പറഞ്ഞല്ലോ വാസന രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണത് ശുദ്ധവും അശുദ്ധ അശുദ്ധ വാസനയാണ് ഈ പിരിവുകളാണ് ഞാൻ ഈ പറഞ്ഞത് അശുദ്ധവാസന അതാണല്ലോ നമ്മൾ ആദ്യം അറിയേണ്ടത് അശുദ്ധവാസനയിൽ ആദ്യം വരുന്നാണ് ലോകവാസന ലോകവാസന എന്ന് പറയുന്ന എന്താണ് ലോകത്തിൽ എല്ലാവരും തന്നെ കുറിച്ച് നല്ലത് പറയണം കഴിയുമങ്കി സ്തുതിക്കണം അത് കേൾക്കുമ്പോൾ ഒരു രസം ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം അത് എല്ലാ മനുഷ്യർക്കുള്ളാണ് ആരെങ്കിലും നമ്മൾ ഒന്ന് പോഴ്ത്തി പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും ഇല്ല എന്നൊക്കെ പറയും ഇപ്പോൾ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് വളരെ ഗംഭീരമായിരുന്നു കേട്ട് കഴിഞ്ഞാൽ എനിക്കെന്താ ദേഷ്യം വരും ദേഷ്യങ്ങളിലും ഒരു സന്തോഷമാണ് വരുന്ന കൊള്ളാം എന്ന് എല്ലാവർക്കും വരുന്നതാണ് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ് അപ്പോ അതൊരു സ്തുതിയാണ് ഇല്ല എന്നൊക്കെ പറയും സ്വാമിമാർ കള്ളന്മാരാണ് ഇതൊന്നും ഇല്ലെന്ന് പറയും അതൊക്കെ ചുമ്മാതെ ഇതൊക്കെ എല്ലാം മനുഷ്യ എന്തുകൊണ്ട് എല്ലാവരുടെയും സോറി സ്വാമിമാരും മുമ്പേ എത്തിക്കൊണ്ടാണ് ഞാൻ കള്ളന്മാരെന്നൊക്കെ പറയുന്നത് അപ്പോ എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് എന്ത് ഈ വാസന അപ്പൊ ലോകത്തിലെല്ലാവരും നമ്മളെ സ്തുതിക്കണം പക്ഷെ ആരും പഴിക്കാൻ പാടില്ല കുറ്റമൊന്നും പറയാൻ പാടില്ല ഇതാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന് ഇങ്ങനെ ഒരു ചിന്ത കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തി പറയുന്നതിന് കാരണമായി നമ്മുടെ അന്ധകരണത്തിലിരിക്കുന്ന സംസ്കാരമാണ് വാസൻ അപ്പൊ ഇത് നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പഴയ വീരശൂരപരാക്രമങ്ങളൊക്കെ പറഞ്ഞാൽ വില എത്തിയാകുകയായിരുന്നു ഇമാലയത്തി പോയി പട്ടിണി കടന്ന് അത് പകുതിയും വെടിയാണ് അവിടെ നല്ല ചാപ്പാടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത് ഭയങ്കര പട്ടിണിയായിരുന്നു അത് ചെയ്തു ഇത് ചെയ്തു നമ്മൾ തന്നെ പറയും എന്തുകൊണ്ട് ഉള്ളിൽ ഈ വാസന ഇരിക്കുന്നു സ്തുതി എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മൾ പരമാവധി മൂടി വയ്ക്കാനും എപ്പോഴും ശ്രമിച്ചു ാണ് വാസൻ പക്ഷേ ഇവിടെ ഇനി ചിലവും പറയും എന്താണ് നാരദൻ ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് പറയും രാമനെക്കുറിച്ച് പറയും രാമൻ എന്താണ് ഗുണവാനാണ് രാമൻ വിഗ്രഹ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഒരുപാടൊക്കെ രാമനെക്കുറിച്ച് പറഞ്ഞിട്ടും രാമനും ഒരുപാട് അപവാദം കേൾക്കേണ്ടി വന്നു ഭാര്യയെക്കുറിച്ച് അപവാദം കേൾക്കേണ്ടി വന്നു പിന്നെ എന്താണ് ബാലിയെ കൊന്ന് എൻ്റെ ബോധം കേൾക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് എല്ലാവർക്കും എന്താണോ ഈ ഇതെല്ലാം കേൾക്കേണ്ടി വരും അപവാദ ഭീതി മനുഷ്യൻ്റെ മനസ്സിലുണ്ട് ആരായാലും ഇതൊക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എപ്പോഴും സ്വയം ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ അപവാദ ഭീതി കൊണ്ട് തൻ്റെ സൽകീർത്തിക്ക് വേണ്ടി ശ്രമി ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു പലതരത്തിലും എല്ലാ മനുഷ്യരും ഇന്നയാളങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ട് ഇതുകൊണ്ട് പ്രയോജനം കൊണ്ട് ഇല്ലെന്ന് ഉദാഹരണം പറയുന്നത് രാമനെക്കുറിച്ച് ഇത്രയൊക്കെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ട് അവസാനം എന്തൊന്ന് അപവാദ സത്യമായി അപവാദം കേൾക്കേണ്ടി അതുകൊണ്ട് ഇതുകൊണ്ട് കാര്യമില്ലെന്നാണ് ഇവിടെ പറയുന്നു അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല ചീത്തപ്പേര് കേൾക്കാവുന്നെല്ലാം എന്ത് ചെയ്യും അതും കേൾക്കും നിങ്ങൾ പേരുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എന്താ കാര്യം അതിനുവേണ്ടി ശ്രമിക്കേണ്ട എന്ന് പറയാനാണ് ഇവിടെ ലോകവാസനയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആരും പേരും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത് അതുകൊണ്ട് കാര്യമില്ല പേരും പ്രശസ്തി ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറുവശത്തൂടെ മറ്റവനും വന്ന് ഏത് ദുഷ്കീർത്തിയും വരും അതുകൊണ്ട് ഇവിടെ പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനല്ല അപ്പോൾ ആ ലോകവാസനയെ ഉപേക്ഷിക്കുക പിന്നെ വരുന്ന ശാസ്ത്രവാസൻ ശാസ്ത്രവാസനെ പറയുന്ന പാഠവ്യസനം ബഹുശാസ്ത്രവ്യസനം അനുഷ്ഠാന വ്യസനം മൂന്ന് തരത്തിലാണ് അതിൽ പാഠവ്യസനത്തിന് ഉദാഹരണം പറയുന്ന ഭരദ്വാജൻ്റെ ഉദാഹരണം പറയും ഭരദ്വാജൻ എന്ന് പറഞ്ഞാൽ ജീവിതാനം മുഴുവൻ വേദ അധ്യയനം ചെയ്തുകൊണ്ടേ വേദങ്ങൾ പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് പിന്നെ അങ്ങ് ഇവിടെ വേദമില്ലാത്തതുകൊണ്ട് ഇവിടെ പോയി അങ്ങ് ബ്രഹ്മലോകത്ത് പോയി അവിടെ ഈ വേദത്തിൻ്റെ വല്ല ബാക്കിയുണ്ടോ എന്ന് പറഞ്ഞ് അവിടെ പോയി എന്താണോ ആയുസിൻ്റെ മുക്കാൽ പങ്കും കഴിഞ്ഞതിന് ശേഷം അവിടെയും പോയി തന്ന് പഠിക്കാൻ തുടങ്ങി കുറേ വേദം അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ദേവേന്ദ്രൻ വന്നിട്ട് പറഞ്ഞ് അതിൽ മാറ്റി സകുണ ബ്രഹ്മ ഭരദ്വാജനെ തിരിച്ചുവിട്ടു അത് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ജീവിതകാലം മുഴുവൻ പഠിച്ചിട്ടും പാഠം ഒരു വ്യസനമായി ദുഃഖമായി തന്നെ പഠിച്ചാൽ തീരത്തില്ല ശാസ്ത്രങ്ങൾ പഠിച്ച് തീരാൻ പറ്റും അതാണ് കൂടെ നേരത്തെ പറഞ്ഞെന്താണ് ശാസ്ത്രകൃത്യേഷുടതാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ പഠിച്ച തീരത്തില്ല അപ്പോ ആത്മബോധത്തിന് വേണ്ടതെന്തോ അത് അതാണ് ഇവിടുത്തെ നിർദ്ദേശം കാരണം ഇത് പഠിച്ച തീരത്തില്ലെങ്കിൽ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു ഈ ശാസ്ത്രം കൊണ്ടാണ് മോക്ഷത്തെ ഇടേണ്ടത് ഈ ശാസ്ത്രം എന്ന് പറയുന്ന പത്ത് മുപ്പതിനായിരം ശ്ലോകം ഉണ്ടപ്പോൾ ഇത്രയും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദ്യം വരും എന്നേ ഇത് പഠിച്ചു തരുന്നൊരു ആവശ്യം വേണം അപ്പം മോക്ഷത്തിനുപയുക്തമായ ശാസ്ത്രത്തെ ഗ്രഹിക്കുക ബാക്കിയുള്ളതെല്ലാം വിടുക അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാഠഭ്യസനം അല്ലാതെ പഠിച്ച് പഠിച്ച് പഠിച്ച് നാനാശാസ്ത്രങ്ങളിൽ മുറികടന്ന് ആത്മബോധമില്ലാതെ ആത്മാന്വേഷണം കൂടാതെയുള്ള പഠനത്തെയും കൂടെ നിഷേധിക്കുന്നത് അല്ലാതെ എന്താണ് ആത്മബോധത്തിന് വേണ്ടിയിട്ടുള്ള വാസിഷ്ടം പോലെയുള്ള ശാസ്ത്രത്തിൻ്റെ അധ്യയനത്തെ അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇല്ലെങ്കിൽ പിന്നെ ശാസ്ത്രവിരോധികളായി അതുകൊണ്ട് അങ്ങനെ ഒരു കാരണമില്ല ശാസ്ത്രം പഠിക്കരുത് ശാസ്ത്രം പഠിച്ചില്ലെങ്കിൽ എന്തൊരും ശാസ്ത്രം പഠിച്ചാൽ ഒരു വാസന ഉണ്ടാവും ശാസ്ത്രവാസന ഉണ്ടാവും ശാസ്ത്രം പഠിക്കരുത് പിന്നെ എന്ത് ചെയ്യണം കർമ്മം ചെയ്യണമെന്നാണ് എന്നാൽ കർമ്മവാസന ഉണ്ടാവും എന്നാണ് അടുത്ത് പറയുന്നത് അനുഷ്ഠാനം വ്യസനം അനുഷ്ഠാന വികസനത്തിൽ ഇതിൽ തന്നെ ഒരാളുടെ പേര് പറയുന്നതാണ് ദാശൂരൻ ദാശൂരനാണ് മൂന്ന് വാശിഷക്തി പറയും ഇദ്ദേഹത്തിന് എന്താണ് കർമ്മം ചെയ്തിട്ടും കർമ്മം ചെയ്തിട്ടും മതി വരുന്നില്ല കർമ്മശ്രദ്ധ ഉണ്ട് ഒരു രക്ഷമില്ല അതിൻ്റെ കഥ ഇനി വരും അവിടെ നമുക്ക് അപ്പോൾ കർമ്മം ചെയ്താലും ഇതേ പ്രശ്നം ഉണ്ടാവും ശാസ്ത്രം അധ്യയനം ചെയ്താൽ നിങ്ങൾ വാസന ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്താൽ വന്നു വരും വാസന തന്നെ ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല അതുകൊണ്ട് എന്താണോ നമ്മുടെ ആവശ്യം ഇപ്പൊ കർമ്മമാണ് അതുകൊണ്ട് ശാസ്ത്രം കളഞ്ഞിട്ട് കർമ്മം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെയും പ്രശ്നം വാസന ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് ഇവിടെ വഴി എന്തായാലും ശാസ്ത്രത്തിൽ നിന്നായാലും ശരി കർമ്മത്തിൽ നിന്നായാലും ശരി അതിവിടെ പറയും അപ്പൊ ഇത് രണ്ട് തുല്യം തന്നെയാണ് അതിൻ്റെ ഉദാഹരണ സഹിതം ഇവിടെ വിശദീകരിക്കും കർമ്മത്തിൽ ഭ്രാന്തി കയറി കയറി കയറി പിന്നെ നോക്കിയിട്ട് ഭൂമിയിൽ കർമ്മം ചെയ്യാൻ തനിക്ക് പറ്റിയ സ്ഥലമില്ലാത്തതുകൊണ്ട് ലോകങ്ങൾ അന്വേഷിച്ചു കിടന്നു അപ്പോൾ അത് കൊണ്ട് അതിലും ഭ്രാന്തി അതും വാസന അത് എന്താണ് ഇവിടെ തന്നെ പറയും പിന്നെ ബഹുശാസ്ത്ര എന്ന് പറയുന്നത് ആരുടെ ഉദാഹരണം പറയുന്നത് പിന്നെ ദുർവാസ ദുർവാസാവ് ബഹുശാസ്ത്ര വ്യസനം ഉണ്ടായിരുന്നു അതുകൊണ്ടെന്താ എവിടെ പോയാലും ശരി ഒരു വലിയ പുസ്തക ചുമടുമായിട്ടാണ് പോകുന്നത് ഗ്രന്ഥ ചുമുട് പനയോലക്കെട്ടുമായിട്ട് കാരണം എപ്പോഴും ശാസ്ത്രം അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മഹാദേവന്റെ സദസ്സിലേക്ക് ചെന്നപ്പോ അവിടെ നാരദൻ അവിടെ ഇരുന്നു കൊണ്ട് പതുക്കെ പറഞ്ഞു കഴുത എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴുത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭാരം ചുമക്കുന്നത് ഇത് ദുർവാസാവിന് കേട്ട് ദുർവാസാവിന് പെട്ടെന്ന് കോപം വന്നു കോപം വന്നിട്ട് ഈ പുസ്തകമൊക്കെ എടുത്ത് ലവണ സമുദ്രത്തിലേക്ക് എറിഞ്ഞെന്ന് വെച്ചാൽ കടലിൽ കൊണ്ടെത്തള്ളി ദേഷ്യങ്ങൾ ചെയ്തു പോയതാണ് പുസ്തമെല്ലാം പോയി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തതാണ് ദുർവാസാവ് കോപിഷ്ടനാണ് പിന്നെ മഹാദേവൻ സമാധാനിപ്പിച്ചിട്ട് ആത്മോപദേശം ചെയ്ത് തത്വജ്ഞാനം നേടി എന്ന് പറയും അപ്പോ വ്യസനം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഇത് ഏതായാലും തുല്യമാണ് ശാസ്ത്രമായാലും ശരി അത് ഭൂശാസ്ത്രമായാലും ശരി അധ്യയനമായാലും അപ്പോ ഇതെല്ലാം ഉപദ്രമായി തീരും എന്നാണ് പറയുന്നത് പിന്നെ ദേഹവാസനയെക്കുറിച്ച് പറയുന്നത് ഇവിടെ പറയുന്നതിൻ്റെ ചവിട് പിടിച്ച് പറയുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമുള്ളതായിരുന്നു അപ്പോ ദേഹവാസനയെക്കുറിച്ച് പറയുന്നത് ദേഹത്തെ ശ്രദ്ധിക്കാനേ പാടില്ല ഇവിടെ പറയുന്ന അനുസരിച്ച് അപ്പോ പറയുന്നു ദേഹ സംബന്ധിയായ ഒരു കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ രോഗം വന്നാൽ ചികിത്സിക്കാൻ പാടില്ല ദേഹവാസന കൊണ്ടെന്നാ പറയുന്നു വാസന നശിപ്പിക്കാൻ നടക്കുന്നവർ ഇതൊക്കെ ഓർത്തുവയ്ക്കണം ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പാടില്ല ഭിക്ഷൌഷം ഭുജ്യത എന്നൊക്കെ പാട്ട് ജീവിച്ചിട്ടുണ്ടല്ലോ ഔഷധം എന്ന് പറയുന്നത് എന്താണോ ഭിക്ഷാന്നമാണ് അതല്ല വേറെ ഒരു പാടില്ല ാണ് അത് ദേഹത്തിന് പറയുന്നു ചിലർ അഭ്യംഗം കുളി എന്നാണ് തേച്ച് കുളി ദേഹത്തെ നല്ല ആരോഗ്യമുള്ളതാക്കി വയ്ക്കാൻ അത് പാടില്ല ഇവിടെ വാസനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നടക്കരുത് നടക്കാൻ പാടില്ല നടക്കുന്നതിന് വേണ്ടി ശരീരം നേരെയാക്കി വയ്ക്കാനാണോ അത് ചെയ്യാൻ പാടില്ല പിന്നെ പറയുന്നു പഴയ കാലത്ത് ആയുർവേദ ചികിത്സ ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ട് സ്വരം നന്നാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് ഒന്ന് തൈലപാനം ചില പ്രത്യേക തൈലങ്ങളൊക്കെ ഉണ്ട് അത് കഴിക്കുക അത് കഴിച്ചു കഴിഞ്ഞാൽ സ്വരം നന്നാവും നല്ലവണ്ണം പാട്ടുപാടാം അതിനു വേണ്ടിയിട്ടാണ് ശരീര സംബന്ധിയാണല്ലോ പിന്നെ മാരീജ ഭക്ഷണം മാരീജം എന്ന് പറഞ്ഞാൽ എന്താണ് വളം നല്ല എരുവെള്ളം വളം അടിക്കുക സ്വരം നന്നാവുമെന്നാണ് എനിക്കറിയത്തില്ല ഞാൻ ശ്രമിച്ചിട്ടില്ല ആയുർവേദ വിധി പ്രകാരം ചെയ്യണമായിരിക്കും ആ വിധിയും എനിക്കറിയത്തില്ല ആയുർവേദത്താർ ചോദിച്ചു എന്താണ് എൻ്റെ ഒരു ആയിരിക്കും അത് നമ്മൾ തൊണ്ട അടച്ചിരിക്കുമ്പം മുളകൊക്കെ കഴിക്കാറുണ്ട് അതുപോലെ ആയിരിക്കും എന്തായാലും ശരി അതൊന്നും ശ്രമിക്കരുത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ദേഹസംബന്ധിയായ പൂർണ്ണമായും ഉപേക്ഷ ഉദാസീനത ശരീരമാദ്യം ഫലുധർമ്മ സാധനം എന്നൊക്കെ അത് പള്ളിയിൽ പോയി പറഞ്ഞതാണ് അന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല മനസ്സിലായ വാസനയെ ക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതെല്ലാം ശ്രദ്ധിക്കണം എന്നാ ഭിക്ഷ മാത്രം കഴിക്കും അപ്പോൾ ദേവവാസനെ ക്ഷേപിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു പ്രതിവിധികളും ചെയ്യാൻ പാടില്ല ആ ഇത് വാസകൻ്റെ കാര്യം എന്ന് പറയുന്നത് തത്വജ്ഞാനിയുടെ കാര്യം പറയും തത്വജ്ഞാനി തത്വജ്ഞാനം ഉള്ളവൻ അവന്റെ കാര്യമായി പറയുന്നൊക്കെ ആ വാസനാക്ഷയത്തിനും മനോനാശത്തിനും വേണ്ടി തത്വജ്ഞാനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പ്രവർത്തിക്കുമ്പോ എന്താകാം എന്താ പാടില്ല എന്നാണ് ഈ പറയുന്നത് ആ പിന്നെ ഒന്നുകൂടെ പറയുന്നുണ്ട് എന്താണ് നിങ്ങളെ പോലെ ഈ നല്ല ചുവപ്പുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല അത് പ്രത്യേകം പറയുന്നുണ്ട് മനസ്സിലാകും ഇതുപോലെ നല്ല മഞ്ഞ കളറൊന്നും ഇടാൻ പാടില്ല എന്നെ പോലെ കുറച്ച് ലൈറ്റൊക്കെ വേണമെന്നില്ല എനിക്ക് വാസന കുറഞ്ഞുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇടുന്നു ബൈറ്റ് തീരെപ്പാടില്ല തീരെപ്പാടില്ല അത് കൂടുതൽ എന്താണ് മാലിന്യമൊന്നും ഇല്ലാതെ ശുഭ്രമായി കാണിക്കരുത് ഇതൊന്നും പാടില്ല എന്നാ പറഞ്ഞു കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയണം എൻ്റെ ഭാവനയിൽ പറയുന്നത് കൗപീനമന്ത ഖലു ഭാഗ്യവന്ത എന്നാ പറഞ്ഞിരിക്കും അതികൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല കരതല ഭിക്ഷ തരുതലവാസ അതി കൂടുതൽ പറയേണ്ട കാര്യമുണ്ട് ഇതാണ് പറഞ്ഞത് അപ്പോൾ ദേഹവാസന ഉണ്ടാകുന്ന ദേഹവാസനയെ വളർത്തുന്നൊന്നും ചെയ്യാൻ പാടില്ല അനുഷ്ഠാനവാസനെ വളർത്തുന്നൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ ശാസ്ത്രവാസന നടത്തുന്നു ഇതെല്ലാം തുല്യമാണ് ഒന്നും ഒഴിവാക്കിയിട്ട് വേറെ എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കില്ല കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് ശാസ്ത്രം പഠിക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല ശാസ്ത്രം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യാമെന്ന് വിചാരിച്ചാലും നടക്കില്ല അപ്പോൾ ഇതിനെല്ലാം ഇതിനനുകൂലമായ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ചിട്ട് ഈ വാസനകളെ രചിക്കണം വാസനകളെ ത്യജിക്കുന്നതിൽ ഒന്നാമത്തെ ഉപായം ഇതിനനുകൂലമായ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിക്കും തത്വം ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ല അതാണ് വാസന ഇവിടെ എന്താ പറഞ്ഞത് അശേഷണ പരിത്യാഗോ വാസനായ വാസനാണ് വാസനയുടെ അശേഷ പരിത്യാഗം അതിനുവേണ്ടി എന്ത് ചെയ്യണം ഈ പറയുന്ന വാസനകളെല്ലാം ഉപേക്ഷിക്കുന്നു ആ ദാറ്റ് വിൽ എക്സ്പ്ലെയിൻ ഡോ വറി ചോദ്യം എന്ന് പറയുന്നത് വാസനയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും വാസന ഉപേക്ഷിച്ചിട്ട് എന്താ ചെയ്യുന്നത് അത് ഞാൻ പറയാൻ പോവേണം ഇന്നത്തെ പണി ഇതാണ് ഇപ്പോ വാസനകൾ ഉപേക്ഷിക്കുക അത് പ്രധാനമായ പണി ഇതാണ് അല്ലേ അപ്പോ ചോദ്യം ഇതാണ് വാസനകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അതാണ് ചോദ്യം ഈ വാസനകളെയൊക്കെ ഉപേക്ഷിക്കുന്ന തന്നെ അവർ ചെയ്യലാണ് ഇത് തന്നെ ഒരു വലിയ പണിയാണ് അല്ലേ ഇതിൽ ഇതിങ്ങനെ മെയിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താണോ ഒരു വലിയ ചോദ്യമാണ് ആർക്ക് തത്വജ്ഞാനിക്ക് ജീവൻ മുക്തിക്ക് വേണ്ടി ഇത് തന്നെ ചെയ്യുക എന്ന് പറയും ഇപ്പോ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തത്വജ്ഞാനി സതു ദീർഘകാല നൈതന്തി സത്കാല ആസേവിധോ ദൃഢഭൂമി തത്വജ്ഞാനത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അതാണ് പിന്നെ ചെയ്യേണ്ടത് ജീവൻ മുക്തൻ എന്ന് പറയാം അതിന് സമാധി പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നാലേ വരൻ മരിയാൻ മരിഷ്ഠൻ എന്ന് പറയുന്ന പദവിയിലേക്ക് കയറി കയറി കയറി പ്രമോഷൻ കിട്ടത്തുള്ളൂ അപ്പോ വെറുതെ അവിടെ പണിയുണ്ട് പിന്നെ വാസനാക്ഷയം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നാശം സംഭവിക്കണം അത് സംഭവിക്കണം വാസന ക്ഷയിച്ച് മനസ്സ് നയിക്കണം മനസ്സെന്ന് പറയുന്ന എന്താണ് മനനാത്മന മനനമാണ് എന്ത് മനസ്സ് ചിന്ത വിചാരം വികാരം അത് തന്നെയാണ് മനസ്സ് അപ്പം മനസ്സിൻ്റെ നാശം എന്ന് പറഞ്ഞാൽ എന്താണ് അതില്ലാതിരിക്കുക നിങ്ങൾ യോഗത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് യോഗം കൂടെ എടുത്തത് മനോമശമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ യോഗം മനസ്സിലാക്കിയവർക്ക് അത് എളുപ്പം മനസ്സിലാവും അപ്പോൾ അതിന് വാസനകൾ തടസ്സമാണ് നമുക്കിപ്പോൾ കർമ്മം ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പോൾ കർമ്മം ചെയ്യും ശാസ്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട് അത് പഠിക്കും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മനസ്സ് നിലയ്ക്കും മനോനാശ സംഭവിക്കൂ ഇല്ല അതുകൊണ്ട് മനോനാശ സംഭവിക്കണമെങ്കിൽ വാസനകൾ ക്ഷയിച്ചാലേ മനോനാശം സംഭവിക്കും ഇത് പരസ്പരം ബന്ധപ്പെട്ടപ്പെടുത്തിയാണ് പറയുന്നത് അപ്പോൾ അതിനെന്ത് വേണം തത്വജ്ഞാനം ദൃഢമാകണം വൈരാഗ്യം ദൃഢമാകണം തത്വജ്ഞാനം ഉണ്ടെങ്കിലേ വൈരാഗ്യം ഉണ്ടാവും വൈരാഗ്യം കൊണ്ടേ തത്വജ്ഞാനം ഉണ്ടാവും ഇതെല്ലാം പരസ്പരം ഇങ്ങനെ കൊരുത്ത് കിടക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഒരേ സമയം അനുഷ്ഠിച്ച് എന്ത് ചെയ്യുന്നു ഒടുവിൽ ഈ ശരീരം ഇല്ലാതാകും ഈ ശരീരമല്ല സർവശരീരങ്ങളും സർവശരീരം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സർവ ശരീരങ്ങളും നശിക്കുന്നു അത് വിദ്യാരണി സ്വാമിയുടെ വ്യത്യാസം പറയും ഈ ശരീരം ഇല്ലാതാകുന്നതിന് വിദേഹമുക്തി എന്ന് പറയാം എന്നിട്ട് ഈ ശരീരത്തിൽ അഭിമാനമില്ലാതിരിക്കുക തത്വം ഞാൻ ഉണ്ടാകുമ്പോൾ തന്നെ വിദേഹമുക്തി സംഭവിച്ചു കഴിഞ്ഞു അതിനുവേണ്ടിയിട്ട് പിന്നെ മരിക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ അത് ഒരു ദേഹത്തിൽ നിന്നുള്ള മുക്തിയാണ് ഇനി മരണശേഷം സംഭവിക്കുന്നതും വിദേഹമുക്തി തന്നെയാണ് വരാൻ പോകുന്ന എല്ലാ ശരീരങ്ങളിൽ നിന്നും മുക്തി നേടുന്നു വിവക്ഷയ്ക്കനുസരിച്ചാണ് വിദേഹം മുക്തി എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് നമ്മൾ വിവക്ഷിക്കുന്ന തുഞ്ഞാനിയുടെ ജീവിതത്തെ പറയാൻ ഇദ്ദേഹം മുക്തി എന്ന് പറയാൻ ദോഷമൊന്നുമില്ല ഇതേ ഈ വാസനയിൽ വളരെ പ്രധാനമായിട്ടും വരുന്നതാണ് മാനസവാസന കാരണം ആരോടും ചോദിക്കാതെ ഉള്ളിൽ നിന്നും അഹം പൊന്തി വരുന്നുണ്ടല്ലോ ഈ അഹം വരുന്നതെന്താ കാരണം നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒന്നാണ് ഈ അഹം ഇതില്ലാതാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമൊന്നും ഉറങ്ങണം വേറെ എന്താ പറയുക അല്ലാതെ ഇത് പോകത്തില്ല ഇതെന്തുകൊണ്ട് വരുന്നു വാസന എന്ന കാരണം പൂർവ്വപൂർവ്വ ജന്മങ്ങളിൽ നിന്ന് ആർജിച്ച വാസന കൊണ്ടാണ് ഈ അഹം ബുദ്ധി വരുന്നത് അതിനോടൊപ്പം വരുന്ന മമകാരം എൻ്റെ എന്നുള്ളത് പിന്നെ ദർപ്പം അഹങ്കാരം എന്നൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇതെല്ലാം എന്താണ് മാനസവാസന കൊണ്ടുവരുന്നതാണ് അതാണ് വിഷയവാസന അങ്ങനെ പറയുന്നു രണ്ടുമൂന്നെണ്ണത്തിൽ തീരുന്നതല്ല വിഷയവാസന എന്ന് പറഞ്ഞാൽ എന്താണ് അർജുനൻ പരാതി പറയുന്നില്ലേ ബലാതിവ വിഷയങ്ങളിലേക്കെല്ലാം മനസ്സിന് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല കണ്ടാന്ന് വിചാരിച്ചാലും കണ്ണ് തുറപ്പിക്കുന്നു കേൾക്കണ്ട എന്ന് വിചാരിച്ചാലും അങ്ങോട്ട് പോകുന്നു അപ്പോ നിഷിദ്ധമായാലും എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കാൻ താല്പര്യം വരുന്നു ഇതാണ് വിഷയവാസന ഇതും വിഷയവാസനയാണ് അപ്പം വാസനകളുടെ ഒരു ജാലമാണ് ഒരു പലതരത്തിൽ വിശദീകരിക്കുന്നുണ്ട് വാസിഷ്ടത്തിൽ തന്നെ പലതരത്തിൽ വിശദീകരിക്കും അപ്പോൾ ഈ വാസനകളെല്ലാം നശിപ്പിക്കുക ഇതാണെന്ത് മുക്തിക്കുള്ള ഉപായമായി ഇവിടെ പറയുന്നത് വാസിഷ്ടത്തിൽ ഇത് വലിയൊരു പണിയാണ് ഇതിനുവേണ്ടിയിട്ടാണ് ആൾക്കാരെന്ത് ചെയ്യുന്നു ഇങ്ങനെ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ കേട്ടതിന് ശേഷവും മുറി അടച്ചിരുന്നു ഗുഹയിൽ പോയിരുന്നൊക്കെ ഇങ്ങനെ ധ്യാനിക്കുന്നത് ഇരുട്ട വിളുക്ക ധ്യാനിക്കുന്നു അങ്ങനെ അവർ വാസനയൊക്കെ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു വിദേഹമുക്തിയെ പ്രാപിക്കുന്നു ഇതാണ് ഇവിടുത്തെ വഴി ഇനി വാസനയെക്കുറിച്ച് ഭാഷികാരൻ എന്താ പറയുന്നത് നമ്മൾ യോഗത്തിൽ വാസനയെക്കുറിച്ച് പറയും അത് വേറെ എന്നാണ് കാര്യം ഇതിൻ്റെ ശബ്ദങ്ങളിൽ കാര്യമില്ല ഇനി എന്തിനാണ് കാര്യം എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വാസന ഇത്രയും ഘോരഘോരമായിട്ടാണ് നിർവചിച്ചു ഭാഷകാരൻ പറയുന്നു വാസന എന്ന് പറഞ്ഞാൽ എന്താണ് പൂർവപൂർവ ജന്മങ്ങളിൽ നിന്നും തുടർ ജന്മങ്ങൾക്ക് കാരണമായി ഉണ്ടാകുന്ന സംസ്കാരം അതാണ് വാസന ഭാഷയത്തിൽ പല സ്ഥലത്ത് ഇത് ആവർത്തിച്ചു പറയും അതാണ് വാസന എന്ന് പറയുന്നത് ഈ വാസന എന്ന് പറയുന്ന സംസ്കാരം എങ്ങനെ നശിക്കും അത് അജ്ഞാന നാശം കൊണ്ട് നശിക്കും അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു പ്രയത്നം ആവശ്യം ഒരു തത്വജ്ഞാനി തത്വജ്ഞാനം ഇല്ലാത്തവൻ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നശിപ്പിക്കാനുള്ള പ്രയത്നം ആവശ്യമായിട്ടുണ്ട് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അജ്ഞാനം നശിക്കുമ്പോൾ എന്ത് വരുന്നു ഈ പ്രപഞ്ചം തന്നെ ബാധിക്കപ്പെടുന്നു പിന്നെയാണോ വാസന അല്ലെങ്കിൽ സംസ്കാരം അപ്പോ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഭാഷ പറയുന്നതനുസരിച്ച് വാസനയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പണിയും ചെയ്യേണ്ട കാര്യമില്ല തത്വജ്ഞാനിയുടെ കാര്യമാണേ പറയുന്നത് എന്തുകൊണ്ടില്ല ആ ഹിയർ നാശം മീൻസ് ഫിസിക്കലി ഉള്ള നാശമാണ് ബാധയല്ല അസത്യത്വ ബുദ്ധിയല്ല ഇവിടെ നാശം കൊണ്ട് ഞാൻ നശിക്കണം വസ്തുനിഷ്ഠമായി തന്നെ നശിക്കണം മറ്റെടുത്ത് അതല്ല പറയുന്നത് എന്താണോ ബാധയാണ് അല്ല ഋണുങ്ങളുടെ വ്യത്യാസം അപ്പോ തത്വജ്ഞാനിക്ക് നാശത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് അല്ല കൃത്യമായ ഉത്തരം ആരെങ്കിലും പറഞ്ഞാൽ കൃത്യമായ ഉത്തരം ചോദ്യത്തിന് ഉത്തരമായി തത്വജ്ഞാനിക്ക് വാസനാക്ഷയത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യമില്ല ഭക്ഷ്യഗാന അഭിപ്രായത്തിൽ എന്തുകൊണ്ട് അതായത് ഭാഷകാനം പറയുന്നത് തത്വജ്ഞാനി കൃതകൃത്യനെന്നാണ് മോക്ഷത്തിന് വേണ്ടിയുള്ള ഓരോ ഉപായവും അയാൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല ഭക്ഷണം കഴിക്കാം കേട്ടോ നമ്മൾ ഭക്ഷണം മുടക്കികളായിരുന്നു അപ്പോ തത്വജ്ഞാനം ഉണ്ടെങ്കിൽ തത്വജ്ഞാനം എന്ന് പറയുന്നതാണ് അത് ഏറ്റവും വലിയ അടയാളമായി പറയുന്ന കൃതകൃത്യതയാണ് കൃതകൃത്യത എന്ന് വെച്ചാൽ മോക്ഷാർത്ഥമായ പിന്നെ യാതൊരു പ്രവൃത്തി അവിടെ പറയുന്ന എന്താണ് പ്രാരബ്ധം കൊണ്ട് എന്താണ് ശരീര വാങ് മനസ്സുകളിൽ ചില പ്രവൃത്തികളൊക്കെ ഉണ്ടായാലും അതൊക്കെ ഉണ്ടാവും രാഗം ഉണ്ടായാലും എന്താണ് അയാൾ ശമതമാതി സാധനകൾ മുമ്പ് അനുഷ്ഠിച്ചു വന്ന പുതിയതൊന്നും വേണ്ട പുതിയ ഒരു ഇതില്ല പുതിയ ഒരു ശീലമൊന്നും വേണ്ട മുമ്പ് അനുഷ്ഠിച്ചു വന്ന ആ സാധനങ്ങളോടുകൂടി എന്ത് ചെയ്യുക മുമ്പുണ്ടായ തത്വജ്ഞാനം തത്വജ്ഞാനം എന്ന് പറയുന്നത് വാക്യജന്യമാണ് വാക്യത്തിൽ നിന്നും ബോധിച്ചാണ് അയാൾ തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങുന്ന വാക്യങ്ങളിൽ നിന്നാണ് ബോധിച്ചത് അല്ലെങ്കിൽ വിചാരം കൊണ്ടായിക്കോട്ടെ ആ ബോധിച്ച തത്വജ്ഞാനം വീണ്ടും തത്വജ്ഞാനത്തെയും ഉണ്ടാക്കണ്ട അങ്ങനെ ഒരു പണിയില്ല തത്വജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്നും എന്നും തത്വജ്ഞാനത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ബോറടി അതിൻ്റെ ആവശ്യമായിട്ട് പിന്നെ എന്താണോ അതിൻ്റെ സ്മൃതി സ്മൃതിസന്ധതി നിയന്തവ്യ ഒരു ഉദാഹരണത്തിൽ എന്ന് വെച്ചാൽ അങ്ങനെ അതിൻ്റെ വിചാരത്തിൽ ശ്രവണ മനനങ്ങളെല്ലാം എന്താണ് ആ സ്മൃതി നിയമനത്തിന് വേണ്ടി അതൊക്കെ ഇങ്ങനെ കർത്തവ്യമായിട്ടില്ല മുമ്പ് തുടർന്നു വന്ന് തുടർന്നു പോവുക പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല പക്ഷേ ഇവിടെ പറയുന്ന അങ്ങനെയല്ല ജീവൻ മുക്തനും മനോനാശത്തിനും വാസനാക്ഷയത്തിനും വേണ്ടി പ്രയത്നിക്കണമെന്ന് അതിനുവേണ്ടി പുതുതായി എങ്ങനെയാണെങ്കിൽ അയാൾ അകൃത്തോപാസിയാണ് ഉപാസനകളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പക്ഷം വേണോ തിരഞ്ഞെടുക്കാം അതാണ് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഈ രണ്ട് പക്ഷവും പറയുകയാണ് പശുകാരൻ്റെ പക്ഷം എന്താണ് വാസിഷ്ഠത്തിൻ്റെ പക്ഷം എന്താണ് ഞാൻ രണ്ട് പക്ഷവും പറയുന്നത് എന്താണ് ഇതാണ് അദ്വൈതം എന്ന് പറഞ്ഞ ആൾക്കാർ ശരിയായ അദ്വൈതം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വണ്ടിയാക്കാൻ നിങ്ങൾ ശരിയായ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വരുമ്പോൾ അവിടെ ഒരു തിരിച്ചറിവ് വേണം സ്വയം ഇതുവേ അതറെ മനസ്സിലായല്ലേ അവിടെ അങ്ങനെയൊന്നുമില്ല തുടർന്ന് എല്ലാം തുടരുക പ്രത്യേകിച്ചൊന്നും പുതുതായിട്ടൊന്നും പുതിയ പ്രോജക്ടുകളൊന്നും ഏറ്റെടുക്കേണ്ട കാര്യം ഇല്ല ഏറ്റെടുത്ത പ്രോജക്ട് അവസാനിപ്പിക്കുക ഇത്രയേ ഉള്ളൂ എന്താ പ്രശ്നം അതൊക്കെ ഉണ്ടാവും അതില്ല എന്ന് പറയുന്നില്ലല്ലോ രാഗാതി ദോഷങ്ങൾ വരെ ഉണ്ടാവുമെന്നാണ് അതില്ലാതാണെങ്കിൽ ചത്താ മതി പ്രശ്നം എന്തേലും അന്ന് തന്നെ പാട്ടുകാരൻ പറയാൻ ചാവുന്നത് വരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്ത് ചത്തോളും പ്രാരബ്ധം അവസാനിക്കുമ്പോൾ എന്തൊരും തീർന്നോളും എന്നാൽ ഇത് തന്നെ ചെയ്യുക പറഞ്ഞാൽ പോലെ ചെയ്യണം ഇന്ന് മുതൽ മുറിനിന്ന് പുറത്തിറങ്ങരുത് എന്ത് ചെയ്യണം അവിടെ ഇരുന്ന് മനോനാശത്തിനും വേണ്ടി പ്രവർത്തിക്കണം അപ്പോ ഈ പറയുന്ന എല്ലാം വരും കാര്യം വരും പിന്നെ കൂട്ടുകരയിൽ ഭക്ഷണം മണി കഴിക്കുമ്പോഴൊന്നും പോകരുത് അതൊക്കെ ദേഹവാസിനെ വളർത്തും ആ ഭിക്ഷയ കഴിക്കാവും ആരെങ്കിലും കൊണ്ട് തന്നാൽ മുറിയിരിക്കുമ്പോൾ കഴിക്കണം അങ്ങോട്ട് പോയി കഴിക്കരുത് അല്ലാതെ ഇപ്പം ഭിക്ഷയ്ക്ക് വേറെ വഴിയില്ല പണ്ടത്തെ ഭിക്ഷണക്കത്തില്ല അപ്പൊ ഇത് രണ്ടും തിരിച്ചറിയുക അപ്പോൾ ഇത് ഈ പറയുന്നതൊക്കെ അസംബന്ധമാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല ഇതൊരു വഴി ഇതിന് താല്പര്യമുള്ളവർക്ക് എന്താണ് ഇങ്ങനെയാകാം ഇങ്ങനെ ഇരുന്നിട്ട് എന്താണ് സമാധിയിലൂടെ ആനന്ദ നിർവൃത്തി ഇവിടെ പറഞ്ഞല്ലേ നിർവൃത്തി എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആനന്ദമാണ് ആനന്ദത്തെ അനുഭവിച്ചിരിക്കാം അല്ലെങ്കിൽ പിക്ഷയ്ക്ക് എടുത്ത് ഭക്ഷണം കഴിച്ച് മര്യാദയ്ക്ക് അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചു പോകാം രണ്ടു പോകാം ഇതിൻ്റെ പ്രയോജനം പറയുന്നത് ആ ജീവൻ മുക്തിയുടെ വിലക്ഷണമായ ഒരു സുഖം ആനന്ദം അനുഭവിക്കാൻ പറ്റുമെന്നാണ് മറ്റതിൽ യാതൊരു ഗ്യാരണ്ടിയില്ല എന്താണ് അനുഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും ക്യാൻസറോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊരും അതൊക്കെ അനുഭവിക്കേണ്ടി വരും ഇവിടെ ഒന്നുമില്ല ഒന്നും അനുഭവിക്കേണ്ടി വരത്തില്ല ആരും നിർവികൽപ്പത്തിലാണ് അതുകൊണ്ട് ഇത് മോശം തന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെ കൊണ്ടൊന്നും മനസ്സിലാക്കുക ഭാഷകാലം പറഞ്ഞ് അതാണെന്ന് മനസ്സിലാക്കുക ഏതാണ് നല്ലതെന്ന് സ്വയം തീരുമാനിക്കുക അതിനുവേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയും